തീർച്ചയായും നിങ്ങൾക്കു മുമ്പ് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അവരിൽ ചിലരുടെ ചരിത്രങ്ങൾ നാം നിങ്ങൾക്ക് വിവരിച്ചു തന്നു ചിലരുടെ ചരിത്രങ്ങൾ നാം വിവരിച്ചിട്ടില്ല അള്ളാഹു സുബഹാനഹുവ ചായാലായുടെ അനുമതിയില്ലാതെ ഒരു ദൂതനും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരികയില്ല അള്ളാഹു സുബഹാനഹുവ ചായാലായുടെ കൽപ്പന വരുമ്പോൾ അത് സത്യസന്ധമായി തീരുമാനിക്കപ്പെടും അപ്പോൾ വ്യാജം പറയുന്നവർക്ക് നഷ്ടം സംഭവിക്കും